അതിനു മുൻപ് നാം അവരെ ഒരു ശിക്ഷയാൽ നശിപ്പിച്ചിരുന്നെങ്കിൽ അവർ ഇപ്രകാരം പറയുമായിരുന്നു ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ നിന്നയരും അപമാനിതരുമാകുന്നതിനു മുൻപ് നിന്റെ ദൃഷ്ടാന്തങ്ങളെ പിന്തുടരുന്നതിനായി നീ എന്തുകൊണ്ട് ഞങ്ങളിലേക്കൊരു ദൂതനെ അയച്ചില്ല